ൊന്ന് നമ്മുടെ പറഞ്ഞത് വൈദികമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനും ശരീരത്തിൽ നിന്നും വേറിട്ടൊരാത്മാവുണ്ട് എന്നറിഞ്ഞാൽ ആത്മാവിൻ്റെ യഥാർത്ഥമായ രൂപം എന്താണ് പറയാനും കാര്യം യഥാർത്ഥമായ ആ ആത്മാവിന്റെ സ്വരൂപം അറിയുന്നത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ആ കാര്യം കൂടെ പറഞ്ഞ് അതിൽ അനുസരിച്ച് വൈദികമായ ആത്മജ്ഞാനം കുറവാണ്ഡത്തിൽ പറയുന്ന ആത്മാവ് അങ്ങനൊരു ആത്മ ജ്ഞാനം അങ്ങനെ ഒരു ആത്മാവിനെ വൈദികന്മാർ കണ്ടെത്തിയത് അവരുടെ യുക്തി ഉപയോഗിച്ചിട്ടാണ് അവര് യുക്തി എന്ന് വെച്ചാൽ അത്ര ഒരു വേണ്ടി അവരുപയോഗിക്കുന്ന ഒരു യുക്തി കർമ്മഫലം അനുഭവിക്കുന്നതിന് വേണ്ടി ശരീരം നശിച്ചാലും നശിക്കാത്ത ഒന്നും അതാണ് ആത്മാവ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു യുക്തി അത് വേദികന്മാർക്ക് അങ്ങനെ ഒരു യുക്തി കൂടിയേ തീരും നിങ്ങൾ പിന്നെ ആത്മാവ് ഇല്ലാതെ ആരും കർമ്മം ചെയ്യാവുന്നതും പൗരോഹിക്കയില്ലാതെ എവിടെ വരും പറയുന്നു ആത്മാവിന്റെ യഥാർത്ഥം ഞാനൊന്നും അവിടെ ആവശ്യം യഥാർത്ഥമായ ആത്മാവെന്താണെന്നുള്ള ചർച്ച വരുന്നത് ഉത്തരകണ്ഡത്തിലാണ് യഥാർത്ഥ ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഓരോ ആചാര്യന്മാർക്കും വേറെ വേറെയാണ് ശങ്കരാചാര്യരുടെ ആത്മജ്ഞാനം രാമായ അജഗജാന്തര വ്യത്യാസം ആത്മജ്ഞാനം ുജാചാര്യെന്ന് പറയുന്ന ആത്മാവാണ് എന്നാണ് സംഗീതാരോഹം ആത്മാവും വിഭവം സർവവ്യാപകമാണ് വലിയ രണ്ട് പരസ്പര വിരുദ്ധമാണ് രാമാനുജാചാര്യെന്ന് പറയുന്നത് ആത്മാവിന്റെ ധർമ്മമാണ് ആത്മജ്ഞാൻ സംഗീതാരോക എന്ന് പറയുന്ന ആത്മാവിന്റെ ധർമ്മമായുള്ള ആത്മാവ് ഞങ്ങളുടെ സ്വരൂപമാണ് അതുതന്നെയാണ് ആത്മ സ്വാഭാവികവും നിർവാധികം എന്നുള്ള വ്യത്യാസങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഞാനും ദ്രവ്യമാണ് രാമായണ സൗന്ദരാചാര്യ പറയുന്നത് ജ്ഞാനമാണ് സത്യം അതാണ് ബ്രഹ്മാത്മാ അതാണ് ആത്മാവ് ഇതുവരെ രണ്ടുപേരും ആത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നതിലും വലിയ അന്തരമാണ് രണ്ടുകൂട്ടരും ആത്മജ്ഞാനികളാണ് സൗന്ദരാചാര്യരുടെ ആൾക്കാരും ആത്മജ്ഞാനികൾ രാമാനുജാചാര്യരുടെ ആൾക്കാരും ആത്മജ്ഞാനികൾ നാട്ടിൽ ആത്മജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് ഇത് രണ്ടംഗമില്ലാത്ത ഒരെന്ത് പറഞ്ഞൊന്നും തിരിച്ചറിയില്ലാത്ത കുറെ ആൾക്കാരാണ് ആത്മജ്ഞാനങ്ങളാണ് ജീവിക്കട്ടെ അപ്പോ ഇവിടെ പറയുകയാണ് കർമ്മകാണ്ഡത്തിലെ ആത്മാവിനെ അറിയാമതി ഇവിടെ അങ്ങനെ എല്ലാ ആത്മാവിന്റെ യഥാർത്ഥം ഞാനുണ്ടാവും ഇതെത്തിയ ഞാൻ വ്യാഖ്യാനം കുറിച്ച് പറഞ്ഞു അതിൽ തന്നെ കർമ്മ കണ്ടുന്നത് ആത്മാവിനെ അറിയുന്നവരും കേവല യുക്തിയിലൂടെയാണ് ആത്മാവ് സമയത്ത് ഞാൻ കഴിഞ്ഞ സമയത്ത് സ്വരൂപയാഘാത്മി അനിശ്ചയിൽ സ്വകാര്യ ബലാത്മനുഷ്ഠാനം ഫല അനുഭവം സംഭവ ആത്മാവിന്റെ യഥാർത്ഥം ഞാനില്ലെങ്കിലും ഒരാൾക്ക് സ്വർഗാദി ഫലത്തെ ആഗ്രഹിക്കാം കാരണം ആത്മാവുടേത്വ സാധനാനുഷ്ഠാനം അതിലൂടെ അതിന്റെ ഉപായമായ യാഗത്തെ ചെയ്യിക്കാം കാരണം യാഗം ചെയ്യുന്നവനും ഫലം അനുഭവിക്കുന്നുവെന്ന് ഒന്നായിരിക്കും അല്ലെങ്കിൽ ഫലവ്യതികരണമെന്ന് പറയുന്ന ദോഷം പോലും ഒരാൾ കർമ്മം ചെയ്യുന്ന ഒരാൾ ഫലം അനുഭവിക്കുന്നു അങ്ങനെ വരാൻ പാടില്ല യാഗം ചെയ്യുന്നതിനും ഫലം അനുഭവിക്കുന്നവനും ഒരാളായെങ്കിലും അപ്പോ അവിടെ നിത്യമായ ഒരാം വേണം ഇതറിഞ്ഞാൽ ഒരാൾ സാധനാനുഷ്ഠാനം യാഗം ചെയ്യത്തോളും തത് ഫല അനുഭവം പിന്നെ മരിച്ചു കഴിഞ്ഞ് സർഗത്ത് പോയി അവിടെ സർഗസുഖത്തിലും എന്നൊക്കെ ഒരു ആത്മജ്ഞാനം മതി അവരോധ ഇതിന് ശാസ്ത്രവുമായിട്ട് വിരോധവും കാരണം ഇതിൻ്റെ വേദത്തിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് വേദത്തെ മാത്രം അടുക്കും എല്ലാ മതങ്ങളിലും ഇതുവരെ ഒരു ആത്മാവുണ്ട് പഠിച്ചതിനു ശേഷം സ്വർഗത്ത് പോയി ഫല വിധം പിന്നെ ആത്മാവിനെ കുറിച്ച് വലിയ പിടിപാടൊന്നും നിർബന്ധമില്ല എന്നാണ് ഈ പറഞ്ഞത് സേയം വ്യവസായാത്മകാബുദ്ധി ഏകഫല സാധന വിഷയ പിന്നെ കുറിച്ച് അത് സങ്കീർണമാണ് എന്നത് ഞാൻ വായിക്കാം പക്ഷെ ആൾക്കാർക്ക് ബോർഡി ആവശ്യം അതിൽ ആവശ്യങ്ങൾ പറയുന്ന ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ തുടങ്ങി ഇപ്പൊ പറഞ്ഞ കാര്യം ശരിയമായി അഭിപ്രായം കാമാധികരെ യാഥാർത്ഥ്യ അനുഭൂതിയാവാം ശാസ്ത്രബരാവാ അപേക്ഷയെ നിഷേധിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് യാഗം ചെയ്യുക അതിൻ്റെ ഫലത്തെ നേടുക ഇതാണ് കാമ കാമാധികാരി എന്നീ കാര്യങ്ങളെന്ന് വെച്ച പൂർവമാണ് അവിടെ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം അറിയണോ വേണ്ട വേണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ അനുപത്തിയിലൂടെയാണോ ചതിയിലൂടെയാണോ അതോ ശാസ്ത്ര പ്രമാണത്തിലൂടെയാണോ രണ്ടിലൂടെ വേണ്ടതില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അധികം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ആത്മാവിനെ അറിയുന്നത് അനുപത്തിയിലൂടെയാണ് കേവലമായ യുക്തിയിലൂടെയാണ് ഇപ്പൊ ഒരുപാട് ആത്മാവിനെ സാക്ഷാത്കരിച്ചവരൊക്കെ ഉണ്ട് അങ്ങോട്ട് ഒരിക്കലും ചിന്തിച്ചില്ല എന്നാണ് നാളെ ഒരു കാലത്ത് ആൾക്കാർ ഒരുപാട് സാക്ഷാത്കാരമുള്ളവരുണ്ടാവും അങ്ങനെയൊന്നും ഇന്നവര് ചിന്തിച്ച അവര് കല്പിച്ചു വന്നാണ് ഇതെല്ലാം കർമ്മമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ത്മാവ് ഉണ്ടാവും എന്നവര് പറഞ്ഞു അത് അവർ പാടി പിന്നീട് രേഖപ്പെടുത്തി അവിടെ രണ്ടു കാര്യങ്ങളൊന്നും അവർ ചിന്തിച്ചപ്പോൾ അത് അനുഭവത്തിയായി പിന്നീട് പാടി പിന്നീട് രേഖപ്പെടുത്തി അത് ശാസ്ത്രബലമായി ശാസ്ത്രപ്രമാവും വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നു യാഥാർത്ഥ്യ നിശ്ചയ ആത്മാവിനെ ഒരു സ്വർഗം അതിപ്പല ഉവനസ് അനുഭവത്തിലൂടെ ഒരു യുക്തിയിലൂടെ ആത്മാവിനെ നിശ്ചയിച്ചു ആ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആത്മാവിന്റെ യാഥാർത്ഥ്യം അറിയുന്നില്ല യഥാർത്ഥ ആത്മാവിനെ അറിയുന്നു രാമാൻ പറയുന്നു സഞ്ചാരം പറയുന്നു യഥാർത്ഥ ആത്മാവിനെ അറിയുന്നില്ല അത് അറിയാതിരിക്കുന്നു എല്ലാം എന്താ സ്വർഗത്തിൽ ആഗ്രഹം ഉണ്ടാകത്തില്ലേ എന്ന് ജോലിക്കും എന്ന് വെച്ചുകൊണ്ടാണ് ഇവിടെ ഇനി പറയാൻ പോകുന്ന ശരിക്കും യഥാർത്ഥമായ ആത്മാവിനെ അറിയുമ്പോഴാണ് സ്വർഗത്തിലുള്ള ആഗ്രഹം എന്റെ ആത്മാവ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ആഗ്രഹം അതുകൊണ്ടാണ് എല്ലാ മതക്കാരും സ്വർഗത്തിൽ പോകാൻ വേണ്ടി നിഖ്യൂ നിൽക്കുന്നത് എന്ത് വേണ്ടതെന്ന് ചെയ്തിട്ടായാലും ശരി സ്വർഗത്തിൽ പോകാൻ പറ്റുമോ റെഡിയാണ് ഉദ സാധനുഷ്ഠാനും ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെ അറിയില്ലെങ്കിലും അവര് സ്വർഗത്തിന്റെ സാധനങ്ങൾ ഒന്നും അനുഷ്ഠിക്കാതിരിക്കുമോ അതും ശരി അനുഷ്ഠിക്കുന്നു യാഥാർത്ഥ്യം എന്ന് പറയുന്ന തരുന്നില്ല ആത്മാവിനും എന്താണ് ശരിക്കും അങ്ങനെ ചെല്ലും ഈ സ്വർഗത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഏത് മതദർശനായാലും അതിപ്പോ ക്രിസ്ത്യ മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും ശരി മുതൽമാരുടേതായാലും ശരി വൈദികന്മാരുടെ ശരി അവർ ആത്മാവിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ബുദ്ധിമുട്ടിട്ടുണ്ട് എന്താണ് ആത്മാവ് അതിന്റെ സത്യം ഒരു കാര്യമായ മരണമെന്നുണ്ട് എന്താണ് ഈ ആത്മാവ് എന്നുള്ളതിനെ കുറിച്ച് ഒരുപടിയും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകും അത് െന്ത് ചെയ്യാനും പള്ളാമെന്ന് പറഞ്ഞുകൂടായിരുന്നു ശരി അനുസരണ ഉള്ളവരായി ആരാ പോകുന്നത് അതുപോലും വ്യക്തമല്ല പോകുന്നു അത്ര നമി പോയ നവി പോയത് ശരീരത്തോടു അവിടെ പോയി തിരിച്ചു ഇവിടെ പലരും സ്വർഗത്തോ ഇതൊക്കെ ശരീരത്തോടുകൂടി പോയി തിരിച്ചു വന്നിട്ടുണ്ട് പുരാണങ്ങൾ ാണെങ്കിൽ ചില എന്താണ് ആത്മാവിനെ കുറിച്ചും വ്യക്തമായിട്ടൊന്നുമില്ല ഏത് തരത്തിലും വ്യാഖ്യാനിക്കാവുന്നതിന് അത് കൂടെ ശബ്ദങ്ങൾ അതേ സത്യമാണ് വെളിച്ചമാണ് വഴിയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചില ശബ്ദങ്ങളെല്ലാം അതെ വ്യക്തമായിട്ട് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനും വഴിയില്ല എല്ലാ മതങ്ങളിലും ഇങ്ങനെ ഉദാത്ത ഫലാനുഭവം ഇനി യാഥാർത്ഥ്യത്തെ അറിഞ്ഞില്ലെങ്കിൽ എൻ്റെ ഫലാനുഭവം ഉണ്ടാകത്തില്ലേ ഓരോന്നിനെയും ലിഷ്ടം നപ്പത്തുമാണ് അതായത് യാഥാർത്ഥ്യത്തെ അറിഞ്ഞില്ലെങ്കിൽ സ്വകാര്യ ഫലത്തിനുള്ള ആഗ്രഹം ഉണ്ടാകില്ല സുഖരൂപതയർമാണുഷന് പോകുന്നുണ്ടല്ല സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞോ അത് തന്നെയാണ് ഈ എല്ലാ മതങ്ങളുടെ സമൂഹം സ്വർഗം വളരെ കേവമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോയി ഇനി ഇഷ്ടം പോലെ കിട്ടും മൂഢമായ വിശ്വാസം ഈ അടുത്തൊരു ന്യൂസായതാണ് പത്തിരുപത് രണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരം തരയിൽ കെട്ടൊക്കെ ആയിട്ട് ഒരു പ്രസംഗിക്കുന്നു ഇംഗ്ലീഷിലാണ് പ്രസംഗി എന്നാൽ നമ്മുടെ സ്വന്തത്തിൽ അവിടെ ഈ എഴുപത്തൊന്ന് ഹോറികളിൽ വന്നിരിക്കുകയാണ് വിരസീകരിക്കുകയാണ് അതിനെ കുറിച്ച് അങ്ങ് വർണ്ണിക്കുകയാണ് ഒരാൾ വന്നിട്ട് പോകുമ്പോൾ അടക്കയാകും ഒരാൾ വന്നിട്ട് പോകുമ്പോൾ വേറൊരാളും ഇതൊക്കെ ജനങ്ങൾ ആവേശത്തോടുകൂടി ഇരിക്കുകയാണ് സ്വർഗത്ത് പോകുക ഇവിടെയും പഴയ കാലത്ത് ആൾക്കാർ എന്താണ് റോസി മേനക്കാർ തിലോത്തമ്മ ഇവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടാണ് എന്താണ് ഇത്തരമൊക്കെ വിശ്വസിച്ച് ഒന്നും പരലോകത്ത് പോകാതിരിക്കുന്ന ആത്മീയ ജീവികൾ വരെ എന്നാ സ്ത്രീ ചെന്നാൽ സ്ത്രീക്ക് അവിടെ എന്താണോ ഹോറന്മാരെ കിട്ടുന്നു എന്നും ഒരിടത്തും പറയുന്നു എന്നാലും പെണ്ണുങ്ങളും പോകാൻ നേരമായി സ്വർഗത്തിൽ എന്തിനാ പോകുന്നു ആണുങ്ങള് പോയാൽ ഹോറുകളൊക്കെ പെണ്ണുടത്ത് പോയി എന്ത് കൊന്നു ഇത്തരം മണ്ടത്തരങ്ങളിലാണ് മനുഷ്യൻ വിശ്വസിക്കുന്നത് അത് മണ്ഡലത്തിലെന്ന് പറഞ്ഞാൽ പറയാറ് ആർഷ സംസ്കാരത്തിനും പറയാൻ പോലും എന്നും പറയുന്നു ഒരേ കുട്ടികൾ ഇതെല്ലാത്തിനും ഇങ്ങനെ ഒരു കോമൺ സെൻസിൻസിനും നിരക്കാം യോജിക്കാത്ത കാര്യങ്ങൾ പറയുന്നു ആത്മാവെ കുറിച്ചൊന്നും അറിയുന്നേ വേണ്ട അത് തന്നെയാണ് ഈ മരങ്ങളൊന്നും ആത്മാവിനെ കുറിച്ച് അന്വേഷിക്കാത്ത എന്തുകൊണ്ടല്ലോ സുഖമാണ് അവിടെ ചെന്നുകഴിഞ്ഞാൽ സ്വർഗത്തിലൊന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടൻ തോന്നി താനിവിടെ പറയുന്നത് സുഖരൂപതയ പ്രമാണ സത്യം സുഖം എന്ന് പ്രമാണത്തിലൂടെ സിദ്ധമാണ് ഈ പ്രമാണമെന്ന് ഈ വേദങ്ങളിൽ പറയുന്നതാണ് സ്വർഗത്തെ കുറിച്ച് കഴിഞ്ഞാൽ വേദത്തിൽ കൃത്യമായി സ്വർഗം എന്താ വിശദമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഒരിടത്തും പറയുന്നില്ല സ്വർഗസുഖം സ്വർഗസുഖം എന്ന് തന്നെ പറയും അത്ര പിന്നെ അപൂർവം ചില സ്ഥലങ്ങളിലൊക്കെ ഉപനിഷത്തുകളിൽ വരുമ്പോഴാണെന്ന് വേദത്തിനു വന്നു വെച്ചാൽ അവിടെ അങ്ങോട്ട് പോകണം അവിടെ ഒരു നദിയുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു മരമുണ്ട് അതിൻ്റെ അപ്പുറത്തൊരാളിൽക്കുണ്ടെന്നൊക്കെ പറയുന്നത് അത് മറ്റൊരു ലോകത്തെ കുറിച്ചാണ് അത് സ്വർഗമൊന്നും പറയുന്നു അതിനൊക്കെ അംഗീകരിക്കുന്നു ഒരു സ്വർഗത്തെ അംഗീകരിക്കുന്നു പക്ഷെ ഒരു സുഖം ഇന്ന് കേട്ടുകഴിഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കാൻ എത്ര എളുപ്പമാണ് പറ്റിക്കുക എന്ന് വെച്ചാൽ പരമ വെഡികളാക്കുക വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ പിന്നെ ചിലപ്പോൾ നിർബന്ധമുണ്ട് എന്താണ് ഇങ്ങനെ ആത്മീയത ഇങ്ങനെ വേഷങ്ങളൊക്കെ കട്ടിക്കഴിഞ്ഞാൽ സ്വയം ഗൃതികളായി തന്നെ ജീവിച്ചോളും അത് നമ്മുടെ കടമയാണ് തടീൻ്റെ അഴുത്താണ് ഇങ്ങനെയൊക്കെ ദൃഢനിശ്ചയം ചെയ്ത അതിനോട് പറയുന്ന സുഖരൂപതയായ പ്രമാണ സൂക്ഷിക്കും സുഖം എന്നുള്ളത് പ്രമാണത്തിലൂടെ സുഖം പ്രമാണം എന്ന് പറയുന്നത് എന്താണ് അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന ആദിവാസികളുടെ പാട്ടുകൾ നോ മാഡിൽസ് അലഞ്ഞു തിരിഞ്ഞടന്ന മനുഷ്യൻ പാട്ടുകൾ പിന്നെ എന്താണ് കുറെ പഴയ വളരെ പ്രാചീന ഇതായ മനുഷ്യർ പറഞ്ഞ കുറേ അവരുടെ ജൽപ്പനങ്ങൾ ബൈബിളായാലും ഖുറാനായാലും ഇതൊക്കെയാണ് കുറേയൊക്കെ അവർക്ക് വിഭ്രാന്തീണം കുറേയൊക്കെ അവരുടെ വളഞ്ഞ ബുദ്ധി ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇതിനൊക്കെയാണ് പ്രമാണവും കുറയും ഇത് പ്രമാണം പറയുന്നു ഇതിൽ നിന്നുണ്ടാകുന്ന ബോധം ശരിയായ അറിവാണ് എന്നാൽ ഇവിടെ തന്നെ ഇതൊക്കെ വ്യാഖ്യാനിച്ചിട്ട് ഈ ആചാര്യന്മാരെന്നെ പറയുന്നു ഇതിൽ നിന്നുണ്ടാകുന്ന അറിവൊന്നും അത്ര ശരിയായ സ്വർഗത്ത് പോകാം ഓടെ പോയിരിക്കാം എന്നൊക്കെ പറയുന്ന അത്ര ശരിയായൊന്നും അതിന് ശരിയായിരുന്നു വേറെയുള്ള എന്നൊക്കെയാണ് പറയും ഇത് ഇവര് തന്നെ വ്യാഖ്യാനിച്ചു അപ്പോ സുഖമാണെങ്കിൽ കേട്ടുകഴിഞ്ഞാൽ അത് പ്രമാണസിദ്ധമാണെങ്കിൽ പ്രമാണമെന്ന് പറയുന്നത് ഈ പറയുന്ന വേദത്തെയാണ് അല്ലെങ്കിൽ ദുരാരിയാണ് വേവനാണ് എങ്ങനെ പ്രമാണവും ഇച്ഛാ അതിന് സ്വാഭാവികമായി തന്നെ ആൾക്കാർക്ക് ഇച്ഛ ഉണ്ടാവും അത് ശരിയാണ് സ്വർഗ സർഗ സർഗനെ കേട്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് സ്വയം തന്നെ എന്ന് അത് അവർക്ക് പ്രമ ഉണ്ടായതുകൊണ്ടല്ല എവിടെയാണ് ഏറ്റവും വലിയവർ എന്താണ് ശരിയായിട്ടുള്ള അറിവ് ശരിയായ അറിവുകൊണ്ടല്ല സ്വർഗത്തിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ ആഗ്രഹം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അന്ധമായ വിശ്വാസം ലോകത്തെ ഭൂരിപക്ഷം ജനങ്ങളെയും ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര മൂഢമായ അന്ധമായ വിശ്വാസം അതിന് മനുഷ്യപ്പെട്ടു പോവുകയും അത് പ്രമാണം മൂഢമായ വിശ്വാസം ഇവിടെ കാണാളിയായാലും മറീസ് വർഗം അതൊക്കെ ഉണ്ട് പക്ഷെ അതിനപ്പുറം ഉള്ളതും ശരിയായ ക്രമം പരമത് നാമം അത് സ്വർഗമുണ്ട് അത് വേറെ സ്ഥലമാണ് സങ്കരായെന്ന് പറയും സ്വർഗമോ അതല്ല നിർഗുണമായ പരമാത്മാണോ ക്രമം ഇതിനുമല്ല ഇവര് പ്രമാണമായി സ്വീകരിക്കുന്നതാണ് ഇതേ ഭേദത്തെ തന്നെ അപ്പൊ പ്രമേയം അക്രമേയും വിശ്വാസം അവിശ്വാസമൊക്കെ ഇവരുടെ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ചിട്ടും അതനുസരിച്ചാണ് എന്തൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് പറയുന്നത് എന്താണ് സുഖം എന്ന് കേട്ടുകഴിഞ്ഞാൽ മനുഷ്യനിച്ച് ഉണ്ടാവും അതുകൊണ്ട് ആത്മാവിന്റെ യാഥാർത്ഥ്യ പറഞ്ഞു നമ്മൾ സുഖം എന്ന് കേട്ടുകഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആഗ്രഹമുണ്ടാവും ഇതൊക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വരക്കെ പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വ്യാഖ്യാനിക്കുന്നില്ല എന്നത് മനസ്സിലായത് പലർ പ്രേത അസ്വസ്ഥതയുണ്ട് ഞാൻ രാവിലെ ദിവസത്ത് വായിച്ചോളൂ അപ്പൊ ഞാൻ വിചാരിച്ചത് കാരണം പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത്രയും ചെള്ളങ്ങളൊക്കെ സമാധാനമുണ്ട് ഇതൊക്കെ വെഡിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർ സമാധാനം പോകും കാരണം അവരിതൊക്കെ എന്താണ് ഇതൊക്കെ പരവുമായ സത്യമാണെന്ന് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചത് എനിക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റത്തില്ല സ്വാഭാവികവും മനുഷ്യനും ആഗ്രഹമുണ്ടാവും സുഖം എന്ന് കഴിഞ്ഞാൽ ശരിയാണ് എവിടെ എന്ത് സുഖമുണ്ടെന്ന് കേട്ടാലും നമ്മൾ എന്ത് ചെയ്യും നമ്മളതിനുള്ള ഇനി ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെ അറിഞ്ഞില്ലെങ്കിൽ അതിന്റെ സാധന യാഗം ഒരാളെ അനുഷ്ഠിക്കാതിരിക്കുന്നു അതും എന്തുകൊണ്ട് നന്ദി ചെയ്യുക തദാർത്ഥ അനുകൂല ഭരണ പ്രളയകരാധിപത സസ്യ സദ്കാലേ പ്രസ്ഥാനം നിശ്ചിത്വത പാമര കൃഷ്യാധിന്യായന അനുഷ്ഠാനമന്ത്യെത്ര യുക്തിയുക്തമായി സമർത്ഥിക്കുന്നു നോക്കുക ഇപ്പൊ ഒരാളെ കാരണം എന്താ എന്റെ പറയുന്നു ഒന്ന് അയാൾ കൃഷി ചെയ്യുന്നതിന് ആരോഗ്യം കൊന്നതാണ് രണ്ടായാലും കൃഷി ചെയ്യാൻ അറിയാം ഈ മൂന്നാമത്തെ ഒരു കാര്യമാണ് ഈ കൃഷി ചെയ്ത് വാഴ നട്ട് അത് കൊല ഉണ്ടാകണം ഈ കൊല കിട്ടുന്നതെന്നാണ് കൊല കിട്ടുന്നത് നാളെ ഒരു കാലത്താണ് അപ്പം നാളെ കൊല ഇട്ടും കൊല മുറിക്കാം എന്നുള്ളതിന് എന്താ ഉറപ്പ് ഇതാണ് ചത്തുപോയാൽ വേണ്ടിയിട്ട് അതാണ് ഏറ്റവും പ്രധാന എത്രയോ പേര് വാഴ വേണ്ടിട്ട് ചത്തുപോയി ലോകത്ത് കോടിക്കണിക്കുന്നു അല്ലേ ഓരോ പ്രവൃത്തികൾ ചെയ്തു പോയിക്കുന്നു അവർക്ക് അതിന്റെ ഫലം അനുഭവിക്കാൻ പറ്റുന്നു നമ്മളെ ചുറ്റും കാണുന്ന ഈ തെങ്ങുകളൊക്കെ നട്ടത് വേറെ ആരോ ഒക്കെയാണ് അവരൊക്കെ ഇന്നുണ്ട നമ്മൾ അതിന്റെ തേങ്ങയൊക്കെ എടുത്ത് കൊച്ചി മനുഷ്യെന്തുകൊണ്ട് ഇത്രയും ലഭ്യത അവര് വിശ്വാസം നടമ്പവർ വിചാരിച്ചു നട്ടു കഴിഞ്ഞാൽ എന്താണോ തേങ്ങ ഉണ്ടാകുമ്പോൾ ഒരു കരത്ത് ഓടിക്കാം അത് കഴിഞ്ഞ് മരിക്കാമെന്നൊക്കെ വിചാരിക്കും ഒരു വിശ്വാസം അവിടെ ഒരു വ്യക്തി പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഈ വ്യക്തി എന്തുകൊണ്ട് സ്വർഗത്തിൽ പ്രവർത്തിച്ചുകൂടാ എന്നാണ് കേടും കൊണ്ട് ആൾക്കാരെ പറ്റിച്ചത് എന്താണ് അവിടെ കെട്ടി നിങ്ങളിപ്പോ ഇവിടെ യാതം ചെയ്യുക പക്ഷെ മരിച്ചു പോകുന്നു അത് ഞാൻ പറയാം ഇതിന്റെ ടെമ്പോ പറയാ പറഞ്ഞു വരും അപ്പൊ എന്തെയ്തു അപ്പൊ ഇയാളിവിടെ പ്രവർത്തിക്കുന്നു യാഗം ചെയ്യുന്നു അപ്പൊ യാഗം ചെയ്യുമ്പോ ഇയാള് ന്യായമായും ചിന്തിക്കും എന്നാണ് യാഗം ചെയ്ത് കഴിഞ്ഞാൽ മരിച്ചതിന് ശേഷമാണ് സ്വർഗം കിട്ടുന്നത് അതങ്ങനെ ഞാൻ ചത്തുപോയല്ലേ പറയുന്നു നിങ്ങൾ വാഴ നട്ടുകഴിഞ്ഞാൽ കൊല മുറിക്കുന്നു മരിച്ചുപോയോ അത് അങ്ങനെ ചോദിക്കരുത് കാരണം വാഴ നടടുമ്പ എനിക്ക് കരണ കളയ പരാതികളെല്ലാം ഉണ്ട് ഇതുകൊണ്ട് കുടിഞ്ഞായിരിക്കുകയാണ് ഈ ശരീരവും ഈ കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ശരീരവും ഈ കർമ്മമൊക്കെ ഉപയോഗിച്ച് തന്നെ ഞാൻ വാഴ പഴവും തിന്നു എൻ്റെ കുഴപ്പം ധൈര്യമായിട്ട് ഞാൻ പ്രവർത്തിക്കും അതുവെച്ചാൽ ഈ ശരീരവും കർണവും ഒക്കെ ഉള്ളപ്പോ എനിക്കതിന്റെ ഫലം അനുഭവിക്കാവുന്ന ഒരു ധൈര്യം ഉണ്ടാകും വാഴ നടക്കുന്നത് കൊലയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നത് പഴം കഴിക്കുന്നതും ഒക്കെ ചിലപ്പോൾ ചെറുക്കും പോകുന്ന മറ്റൊരു കാര്യം അതിന് വൈദികൻ സമാധാനം പറയണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യാകറ്റ് നിങ്ങൾ മരിച്ചുപോയാൽ ആത്മാവുണ്ടല്ലോ ആത്മാവിന് സ്വർഗ്ഗത്ത് ചെല്ലുമ്പോ അവിടുത്തെ അസുഖം അനുഭവിക്കാൻ എന്നതിനുള്ള കരണ കളയ വിരങ്ങളെല്ലാം കിട്ടും എൻ്റെ മനസ്സ് ശരീരമൊക്കെ അവിടെ കിട്ടും അവിടെ അനുഭവിക്കാൻ പറ്റും ഇതിനെക്കാളും തന്നെ ഉറപ്പാണ് ഇവിടെ ചത്തുപോയാൽ പഴയതെല്ലാം പറ്റിയില്ല അവിടെ എങ്ങനെയല്ല ഉറപ്പായിട്ടും ശരീരം ഉണ്ടാവും മനസ്സും ഉണ്ടാവും എന്നൊക്കെ അവിടുത്തെ എല്ലാ അസുഖങ്ങളും അനുഭവിക്കാം എന്താ പോലെ എന്ന് ചോദിച്ചാല് ചെയ്തില്ലെങ്കിൽ എന്ത് കിട്ടും ഒന്നും കിട്ടില്ല അതുകൊണ്ട് ചെയ്യണം എന്നാണ് ഞാനും പറയുന്നത് ചെയ്യരുതെന്നല്ല ചെയ്തില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ മരിച്ചു എന്ത് ചെയ്യും അവിടെ തന്നെ സൗകര്യങ്ങളെല്ലാം എനിക്കൊണ്ട് എന്നുള്ള ഐക്തി കേവലമായ ആത്മാവിനെ അറിഞ്ഞാൽ മതി ഒരാള് യാകും പറ്റും ചെയ്യും എന്നാണ് കൂടെ പറയുന്നത് അതിനുവേണ്ടി ആത്മാവിന്റെ യാഥാർത്ഥ്യ ജ്ഞാനം വേണം ഈ ആത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനം വേണമെന്ന് എന്തിനാ നിർബന്ധിക്കുന്നത് രാജാര്യം പറയുന്ന ആത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനം വേണം എന്തിന് ശ്രദ്ധത്തു പോകാനല്ല വിനയോ കൈകൊണ്ടെത്തി പോകാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥ നിങ്ങൾക്ക് ആത്മാവിനെ അസ്തിത്വം ഞാനും കേവലമായ അസ്തിത്വം ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം ഈ സ്വർഗത്ത് പോകാം അല്ല മാവിന്റെ യഥാർത്ഥം ഞാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോകാം വൈകുണ്ടത്തിൽ പോവാം ഇതിലെവിടെ പോകണം രണ്ട് സ്ഥാനമാണ് എവിടെയാ പോകേണ്ടത് സ്വർഗത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും വൈകുണ്ടത്ത് പോയി കഴിഞ്ഞാൽ എന്താണ് നിത്യമുക് മുക്തി അവിടെ എങ്ങനെ ദിവ്യമായ വൈഷ്ണവ രൂപമൊക്കെ ധരിച്ച് നാല് നാല് കയ്യും ചക്രലതാപത്വങ്ങൾ മഹാവിഷ്ണുവിന്റെ തദയരൂപങ്ങളൊക്കെ ധരിച്ചവിടെ അങ്ങനെ കഴിയും മുക്തരായി കഴിയുക ആത്മാവിന്റെ യഥാർത്ഥം ഞാനും പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് പറയുന്നത് പൂർവ്വം എന്റെ ആത്മാവിനെ അറിഞ്ഞിട്ട് സ്വർഗത്ത് എന്നാണ് അതിനുവേണ്ടിട്ടാണെന്ന് പറയുന്നത് ഇതിന്റെ സാധനം അനുഷ്ഠിക്കത്തില്ല സ്വബ്ദത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ അനുഷ്ഠിക്കില്ല എന്നുള്ളതാണ് അത് ശരിയല്ല അനുഷ്ഠിക്ക ആത്മാവിന്റെ സാമാന്യ ജ്ഞാനം മൂലകുന്ന ഒരാൾ സ്വപ്നത്തിൽ പോകാനുള്ള എല്ലാവർക്കും ശരിച്ചു കൊടുക്കണം സ്വർഗത്തെ ആഗ്രഹിക്കുന്നവൻ തത് അനുകൂല കരണകളേപരാധിപത അതിനനുകൂലമായ സ്വർഗത്തെ ആഗ്രഹിക്കുന്നവന് ശരീരം കരണം ഇന്ദ്രിയം ഉള്ളവൻ സ്വസ്ഥ്യ തന്റെ തദ്ഫലകാലി ആ സ്വർഗാനുഭവം ഉണ്ടാകുന്ന ആ കാലത്തിലും അവസ്ഥാനം ജനിച്ചു നിൽക്കുക താനവിടെ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പുള്ളൂ ശ്രീമതി പാമര കൃഷിയാക്കി ഞാൻ പാമരന്മാരെ അങ്ങനെയാണോ ഈ ശരീരവും ഈ കയ്യും കാലുമൊക്കെ വാഴ നിറഞ്ഞത് കൃഷിയാകും ഞായേ അനുഷ്ഠാന പ്രത്യേകിച്ച് കേവലമായ ആത്മാവിന്റെ ജ്ഞാനം കൊണ്ടും ശ്രദ്ധത്തെ പ്രാപിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നു ഉറപ്പാണ് വിശ്വാസങ്ങളും ചെയ്യും വിശ്വാസമുള്ള ചെയ്യുമ്പോൾ ചിലങ്ങനെ വിശ്വാസം ഉണ്ടാകും അത് ഓരോഹിനെ അവരെ വിശ്വസിപ്പിച്ചു പവന ചെയ്യും അവിടെയാണ് പ്രകൃതിന്റെ ഇനി മൂന്നാമത്തെ പക്ഷം ഇനി അതിന്റെ ഫലാനുഭവം ഉണ്ടാകത്തില്ലയോ കേവലമായ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ കർമ്മം ചെയ്തു സ്വർഗത്തെത്തി അന്ന് സ്വർഗാനുഭവം ഉണ്ടാകാതിരിക്കുമോ അതും ശരിയല്ല അത് അവസാനത്തെ പറ്റം അവികല അനിശ്ചിതോപായസ്യ ഫലുപത്തെ അന്യനിരപേക്ഷം വാ സിമ്പിളാണെങ്കിൽ എന്താണ് അകല അനുഷ്ഠിത ഉപായ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ അതിന്റെ ആ ഉപായത്തിൽ ന്യൂനതകളൊന്നും വന്നിട്ടില്ല ശരിയായ രീതിയിൽ അനുഷ്ഠിച്ചു പോയി മുൻപോട്ടിപ്പോൾ ചെറിയ ന്യൂനതകളൊക്കെ വന്നാലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയും കേട്ടോ രാമായ ല്ല സാമാന്യമായി പറയാണ് മൂലതകളില്ലാതെ അനുഷ്ഠിച്ചു പാച ഒരാൾ ഒരു ഉപായ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഫലത്തെ അന്യ നിർമേഷും അപ്പൊ ആ ഫലം ഉണ്ടാകുന്നതിന് മറ്റൊന്നിനും ആശ്രയിക്കുന്നു ഇതിലൂടെ ഉറപ്പിക്കുകയാണ് യാഗം വിധിപ്രകാരം ഇവിടെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സ്വർഗം ഉറപ്പാണ് അപ്പൊ അതിന് ഇത്രയും കാര്യം സാധിക്കുന്നതിന് വേണ്ടി ആത്മാവന്ത നിറഞ്ഞാൽ മതി ആത്മാവിന്റെ വിശേഷമായി ഞാനും ആവശ്യമില്ല അതീ പറഞ്ഞു വരുന്നത് ചുരുപ്പം അദ്ദേഹം അവസാനിക്കുകയാണ് ഇതും ബാക്കി പറയുന്നത് തേച്ചാണ് എന്നോട് പറയേണ്ട കാര്യം പറഞ്ഞു അപ്പോ ആത്മാവിനെ സംബന്ധിച്ചുള്ള രണ്ടറി ഒന്നും ശരീരാതിരിട്ടാവുമല്ല മറ്റൊന്ന് ആത്മാവിന്റെ യഥാർത്ഥമാണ് ഇതെല്ലാവരും സ്വീകരിക്കുന്ന കാര്യമാണ് ഈ പറയുന്ന രാമാനുരാചാര് ശങ്കരാചാര്യ വൈദികന്മാരും എല്ലാ ആത്മാവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്ന എല്ലാ ദാശീലന്മാരും സ്വീകരിക്കുന്ന കാര്യമാണ് ആത്മാവിനെ കുറിച്ച് ഉള്ള അറിവിൽ പ്രധാനമായും ഈ രണ്ടും ഭാഗങ്ങളൊന്നും കേവലമായ ആത്മജ്ഞാനം ശരീര അതിരിക്ത ആത്മ മറ്റൊന്ന് ആത്മാവിന്റെ തെളിവല്ല അപ്പോ എന്തിനായി രണ്ടും ഞാനും ആത്മാവിനെ സംബന്ധിച്ച് വൈദികന്മാരെല്ലാവരും ഏതൊക്കെ പ്രമാണമായി സ്വീകരിക്കുന്നവരെല്ലാം കർമ്മകാണ്ഡത്തെ അംഗീകരിക്കുന്നവരാണ് സഞ്ചരെയുള്ളവരുടെ അപ്പോൾ ആ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞ രീതിയിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഫലങ്ങൾ എല്ലാം അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ശരീരാതിരുക്ത ആത്മജ്ഞാനം വേണം അത് മതി കൂടുതലും ഇത്രയും കൊണ്ട് എന്നാൽ ഓരോ ദാർശനികന്മാരും പറയുന്ന അവരുടേതായ ഓരോരുത്തർക്കും മുക്തി വേറെയാണ് വിശേഷമായ മുക്തി ആ വിശേഷമായ മുക്തിക്ക് വേണ്ടി അവരോട് പറയുന്ന വിശേഷമായത്മ ഞാനെന്ന് അതിലെവരാരും ഒരിക്കലും യോജിക്കരുത് എല്ലാവർക്കും ഇതൊന്നും അറിയാതെ നമ്മുടെ നാട്ടിൽ കുറേയധികം ആത്മജ്ഞാനികളിൽ ഞാൻ ജീവിച്ചിരിക്കും അങ്ങനെ ഞാൻ വിചാരിക്കുന്നു സ്വാത്മജ്ഞാനികൾ ഏതൊക്കെ അറിഞ്ഞിരിക്കും എന്നിട്ട് സ്വയം ഞാൻ ഇന്ന ബുപ്പിൽപ്പെടുന്നയാളാണെന്ന് അതൊന്നും തിരിച്ചറിയും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവരോധാക്കാസ്ത്രവുമായി വിരോധം അതായത് ശരിയാണ് വേദ സ്മൃതി തിഹാസ പുരാണങ്ങളെല്ലാം ഈ കാര്യം പറയുന്നു താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാമാണികമാണെന്നാണ് ആ കാര്യം വ്യവസായ ഒരു നന്ദി സേം വ്യവസായത്മകുദ്ധി ഏകഫലസാധനവിശേഷയാ നിശ്ചയാത്മകമായ ഒരു ഫലം ഒരു സാധനം അതാണ് ഈ ബുദ്ധിമുട്ട പ്രത്യേകത അതിന് ഒരു ഉപായമേഴും ഒരു ഫലമേ അത് വിശദീകരിക്കുന്നതാണ് അടുത്ത് പറയുമ്പോൾ എന്താണ് ഏകസ്മി മോക്ഷാഖ്യഫല ഏക്ഷോ സർവാണി കർമാണും േദത്തിൽ എത്തിച്ചിരിക്കുന്ന സർവകർമ്മങ്ങളും അതാണ് സാധന ഈ വിചാരം മുഴുവൻ വൈദികമായ കർമ്മങ്ങളെ ചുറ്റിപ്പറ്റിയാണ് കാരണം വിചാരം ചെയ്യുന്നത് വൈദികന്മാരാണ് സൂത്രന്മാരല്ല സൂത്രവിചാരമല്ല സ്ത്രീകളല്ല പ്രത്യേകം മനസ്സിലാക്കി അതുകൊണ്ടാണ് ആ വൈദികധർമ്മങ്ങളെ കുറിച്ച് പ്രത്യേകം പറയുന്നത് ഏത് ഫലസാധ്യ വിഷയന്റെ ഏകശ്രീ മോക്ഷാക്കലായ മോക്ഷോ എന്ന് പറയുന്നത് ഒരു ഫലത്തിന് വേണ്ടി മോക്ഷോഹോ മോക്ഷോന് സർവാണി കർമാണി വിധി അല്ലെങ്കിൽ സർവകർമ്മങ്ങളും വിധിച്ചിരിക്കുന്നവരുടെ വേദം അത ശാസ്ത്രാർത്ഥം അതൊരു ശാസ്ത്രാർത്ഥം ശാസ്ത്രഫലമൊന്നാണ് മോക്ഷം തന്നെ സർവകർമ്മ വിഷയാബുദ്ധി ഏക ഏക അതെ സർവകർമ്മങ്ങളെയും സംബന്ധിച്ചുള്ള ബോധം ഒന്നാണ് എന്താണ് ഈ സർവകർമ്മങ്ങളുടെയും ഫലം മോക്ഷം ഏകപ്രദ സാധനതയാഗ്നം സിനിമകൾക്ക് തദ്ദേശങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യമല്ല ഇത് വൈദികർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വൈദികർക്കു വേണ്ടി പറയുന്നത് എന്താണ് മനസ്സിലാകുന്ന രീതിയിൽ പറയാം അതുകൊണ്ട് വേദത്തിൽ നിന്ന് തന്നെ ഉദാഹരണം എടുത്ത കാര്യത്തെ വിശദീകരിക്കുക അവിടെ എന്താണ് പൂർവീ മാസിക്കും ദർശപൂർണ മാസാഭ്യാം സ്വർഗകാമം അവിടെ അതില് രണ്ട് യാഗമാണ് ആ രണ്ടിലും മൂന്ന് മൂന്ന് യാഗങ്ങൾ പ്രത്യേകം പ്രത്യേകം പൗർണമാസത്രിതം ദർശൃതം എന്ന് പറയുന്ന മൂന്നും മൂന്നും ആറ് പിന്നെ അതിന്റെ അവാന്തര യാഗങ്ങൾ പഞ്ചമ്രയാജ പോലെയുള്ളത് വേദ ഇതെല്ലാം കൂടെ ഒരു ഫലത്തെ ഉണ്ടാക്കുന്നു മുഖ്യഫലം സ്വർഗം അവാന്തരഫലം ദീർഘായുസം ഇതാണ് ചുരുക്കി പറഞ്ഞത് ആ സംഭവത്തെക്കുറിച്ച് അവിടെ പറയുന്നത് അതിനെക്കുറിച്ച് വിശദമായി പൂർവ്വഭിമാനത്തിലാണ് ചർച്ച ചെയ്ത് മുക്ഷോഹ സർവാണികൾ യഥാ ഏകഫലസാധന അവിടെ എന്താണ് ഏകസാധനം ഏകഫലം ഒരു വൈദികമായ കർമ്മം സ്വർഗം എന്ന് പറയുന്ന ഒരു കാരണം ഏകഫല ആഗ്നേയം അഗ്നിശോമിയും ഉപാംശ് എന്ന് പറയുന്ന മൂന്നിയാകും അങ്ങനെയാണ് പൗർണമാസ ത്രിക ആഗ്നേയം ഐന്ദ്രം ഉപാംശ് മൂന്നിയാകും അതായത് ആ സംഭവം പറയുന്ന ആ പേരൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അത് പൂർവം വിമാസയം തന്നെ വൈദിക കർമ്മങ്ങളെ കുറിച്ചൊക്കെ പറയുന്നിടത്താണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അതാണ് ആഗ്നയാദീനാം ക്ഷണം ആഗ്നേയാദി ആറ് യാഗങ്ങൾ അതിന്റെ പേരാണ് ഞാനിപ്പോ പറഞ്ഞത് ഇതി കർത്തവ്യതാണ് യാഗങ്ങൾ കുറിച്ച് പറയുന്നിടത്ത് ഓർമ്മ മാസത്തിൽ ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ് ഇതികർത്തവ്യത ഇതി കർത്തവ്യത കർത്തവ്യെന്നു പ്രകാരം ഒരു കർത്തവ്യത്തിന്റെ പ്രകാര രീതികൾ എങ്ങനെയാണ് കർത്തവ്യം വെച്ച കർമ്മം ആ കർമ്മം ചെയ്യേണ്ട ഏതൊക്കെ രീതികൾ എങ്ങനെയാണ് എന്ന് ചർച്ച ചെയ്യുന്നു ആ കർവകർമ്മങ്ങൾ ചെയ്യേണ്ട രീതികൾ പൂർണമായും ജീവിതിയൊന്നും ചർച്ച ചെയ്യുന്നില്ല അത് പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ മറ്റ് കർത്തസൂത്രങ്ങളും നോക്കിയാണ് ചെയ്യാൻ അവിടെ എല്ലാം പറയും എന്നാലും വിധികർത്തവ്യത എന്ന് പറയുന്ന ഒരു പ്രധാന സന്ദർഭമാണ് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വൈദ്യ കർമ്മങ്ങളെക്കുറിച്ചുള്ള ഒന്നും ഫലത്തെക്കുറിച്ചുള്ള ചിന്ത മറ്റൊരു അതിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചുള്ള ചിന്ത പിന്നെ വിധി കർത്തവ്യത എങ്ങനെ ചെയ്യണമെന്നുള്ള ചിന്ത പിന്നെ ഒന്നുകൂടി വരും അധികാരി ചെയ്യണം കിൻ കഥ ഈ മൂന്ന് ആകാംക്ഷ സ്വർഗതമാമോ ഏ ചെയ്യുക എന്നുള്ളൊരു വാക്ക് ചെയ്യുമ്പോൾ കേൾക്കുന്ന മനസ്സിന് ഈ മൂന്ന് ആകാംക്ഷ ഖേന ആര് ചെയ്യണം കഥം എങ്ങനെ ചെയ്യണം കിം എന്ത് ചെയ്യണം ഈ മൂന്ന് ആകാംക്ഷകളെയും സമാധാനം അതിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ പൂർവമിമാംസ മുഴുവൻ ചർച്ച അതോട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കൃത്യത എങ്ങനെ ചെയ്യണമെന്ന് നമ്മളീ നമ്മുടെ ഈ മണിയുടെ ഈ പൂജയായിട്ട് യാതൊരു ബന്ധമൊന്നും അതുമായിട്ടൊന്നും ചിന്തിച്ചോളയ അതറിയാം എന്നതുകൊണ്ട് ഒരാൾ വൈദികനാകത്തില്ല അത് എന്ന് പറയുന്നതാണ് ശൂദ്രകർമ്മമാണ് ശൂദ്രന്മാർക്കും ചെയ്യാം അല്ലാത്തവർക്കും ചെയ്യാം മറ്റങ്ങനെയല്ല ചെയ്യാൻ അധികാരമുള്ളവർക്ക് മാത്രമേ ചെയ്യാവൂ വൃത്തിക്കുകളാണ് അത് ചെയ്യേണ്ടത് രണ്ടു രണ്ട് സംഗതികളാണ് അപ്പൊ ഞാനും എനിക്കും പല കാര്യങ്ങളെയും അറിയാം അതുകൊണ്ട് ഞാനും മൈലികനാണെന്നൊന്നായി ചോദിച്ചാലേ രണ്ട് രണ്ട് വിഷയങ്ങളോട് പറഞ്ഞു അതാണ് ഏകബല സാധന ആഗ്നയാദിനെ കുറിച്ച് പറയുന്നത് ഏക ശാസ്ത്രത്തിൽ ഒരു ഫലമാണ് ഒരു ശാസ്ത്രാർത്ഥം ഒരു ശാസ്ത്രഫലമാണ് എന്താണ് സ്വർഗന്ധം തദ്വിഷയാബുദ്ധിരേഖ അതുകൊണ്ട് എന്താണ് അവിടെ ഉദാനം പറഞ്ഞു അവിടെ ബുദ്ധി ഒന്നാണ് കർമ്മങ്ങൾക്കൊക്കെ പല ഭേദങ്ങളുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ അവിടെ അത്യന്തികമായിട്ട് എന്താണ് സ്വർഗം എന്ന് പറയുന്ന ഒന്നിന് ലക്ഷ്യമാക്കിയാണ് ഈ കർമ്മം ചെയ്യുന്നവരുടെ ജീവിതം തന്നെ ഇതൊക്കെ വളരെ ഭാരിച്ച കർമ്മങ്ങളാണ് ഒരുപാട് ഒരുപാട് യത്നവും സമയവും ഇതൊക്കെ ചിലവാക്കുന്നത് ആണ് പക്ഷെ ഏക ബുദ്ധി സ്വർഗമെന്ന് പറയുന്ന ഒരു ബുദ്ധി അതിനെ മുൻനിർത്തി അതൊരു വിശ്വാസമുള്ള ഒരു ജീവന വിശ്വസിക്കുന്ന മുഖ്യമായ കഴിപ്പിക്കുന്നു ഇത് തന്നെ എല്ലാവരും സ്വർഗമെന്ന് പറയുന്ന ഒരേ വേണ്ടി ഈ ലോകത്ത് ജീവിക്കും വിശ്വാസം മറ്റ് മതങ്ങളിലൊക്കെ അതുപോലെ അതുപോലെ ഇവിടെ എന്താണ് മോക്ഷം എന്ന് പറയുന്ന ഒരു ഫലത്തിനു വേണ്ടി ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അത് കർമ്മത്തിൽ എങ്ങനെയാണോ സ്വർഗം എന്ന് പറയുന്ന ഒരു ഫലത്തിനു വേണ്ടി പലതരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അതുപോലെ മോക്ഷം എന്ന് പറയുന്ന ഒരു ഫലത്തിനു വേണ്ടി ഇവിടെ കർമ്മയോഗവും ഭക്തിയും ജ്ഞാനവും എല്ലാം എന്ന് പറയാൻ പാടില്ല കൂടെ രാമാനിയായെന്ന് പറയുന്നത് എല്ലാം ഭക്തിയുടെ അംഗങ്ങളായി ജ്ഞാനമായ കർമ്മയോഗമായ അതെല്ലാം എന്താണ് ഭക്തിയുടെ അംഗമാണ് ഭക്തി ഏതാണെന്ന് ഇന്നത്തെ തുടക്കത്തിൽ ഞാൻ വിശദമായി വിശദീകരിച്ചാൽ ഭക്തിയെക്കുറിച്ചും പ്രഭക്തിയെക്കുറിച്ചും ഇനിയിപ്പോ അത് ആവർത്തിക്കേണ്ട കാര്യങ്ങൾ എവിടെയെങ്കിലും വരികയാണെങ്കിൽ പറയാം അത് ഇത് വൈദികമായി ഇത്രയും അതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ടാണ് ബ്രഹ്മാനുചാരി പറയുന്നത് ഭക്തിക്ക് ത്രൈവർണ്ണികർക്ക് അധികാരമുണ്ട് പക്ഷെ ആർക്കധികാരമില്ല മറന്നുപോയാലേ സ്ത്രീക്ക് സുഖത്തിരുന്നു അധികാരം പിന്നെ അവർക്ക് വേണ്ടി എന്താ ഉള്ളത് പ്രപത്തി വിശദീകരിച്ച എന്നാലും നല്ല കാര്യങ്ങളൊന്നും ഉറപ്പിക്കണമല്ലോ അതുകൊണ്ടൊന്നും പറഞ്ഞിരുന്നോ അതിന് അം അവരെ കുറിച്ചെന്ന് പറയുന്നു സ്വർഗ പുത്ര പശു അന്നാദിഫലാധികൃത ബുദ്ധിക്കുറപ്പില്ലാത്ത അവരെന്തൊക്കെ ആഗ്രഹിക്കുന്നത് സ്വർഗം ചിലർക്ക് സ്വർഗം വേണം ചിലർക്ക് പുത്രൻ ചിലർക്ക് പശു ചിലർക്ക് അന്നം അങ്ങനെ പല പല പല ഫലത്തിനു വേണ്ടി വേദത്തിൽ പറയുന്നത് ശത്രുസമ്മ പൂജവരും ശത്രുക്കളെ കൊല്ല ശത്രുക്കളെ കൊല്ലുന്നതിന് വേണ്ടിയുള്ളൂ റെക്കോർഡ് ഇങ്ങനെ നല്ല സാധനം നിർമാതിരിക്കാനാണ് ഇങ്ങനെയുള്ള ഫലം അതിന്റെ സാധനം അതിന്റെ അധികാരിയായിട്ടുള്ളവർ അവരുടെ ബുദ്ധേയ ഫലാംഗ് അതെന്നൊക്കെ അധികാരികൾ നല്ല അധികാരികൾ നേരിട്ട് പറഞ്ഞു മതഭിരക്ഷിത സാധനത്വ മതർത്ഥം കർമ്മ അതൊരിക്കൽ മറക്കാൻ പാടില്ല കാര്യം അധികാരി ഇത്രയും കൃത്യമായി നിർവഹിച്ചിരിക്കുന്ന വേറെ ഒരുത്തേ സാധനത്വ മതർത്ഥം ഇതം ഓരോ കാര്യത്തിനും ഇങ്ങനെയാണ് പുത്രൻ മതപനുഷ്യമാണ് പശു വന്ന അതിന്റെ സാധനമാണ് ഈ പറയുന്ന യാഗം അതുകൊണ്ട് ഇതെന്റെ കർമ്മമാണ് ഈ വൈദിക കർമ്മങ്ങൾക്ക് കാലം കൊണ്ട് രൂപാന്തരം പ്രാപിച്ചതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലിരിക്കുന്ന താന്ത്രിക കർമ്മങ്ങൾ എല്ലാ കൂലിയും മണിയടികളില്ല അവിടെയും മനുഷ്യരാഗ്രഹിക്കുന്ന എന്താണ് പുത്രനു വേണ്ടിയും പശുവിന് വേണ്ടി സമ്പത്തിനു വേണ്ടി അന്നത്തിനു വേണ്ടി വിജയത്തിന് വേണ്ടി ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടിയൊക്കെ എന്തു ചെയ്യുന്നത് നൂറ്റാണ്ടുകൾ കൊണ്ട് അതിൽ നിന്ന് ഇവിടെ ലോകത്തെല്ലായിടത്തും ഉണ്ട് ഓരോടത്തും ഓരോ കാലങ്ങളും മനുഷ്യൻ ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് അതനന്താണ് അത്രാവി ദോശാഹ അവിടെ തന്നെ പല ശാഖകളുമുണ്ട് അതിനനുസരിച്ചിരിക്കുന്നു ഏകശ്രീ ബലായ ചോദ്യദേവി ദർശപൂർണ മാസാദോ ആശാസ്ത്രം ഫലഭേദന ബഹുശാഖാത്വം ശാഖാബ്ദ ഏകസ്മി ഫലമായി ചോദ്യം ചെയ്യുകയും ഈ ഒരു ഫലത്തിനു വേണ്ടി വിധിച്ചതാണ് ചോദ്യം എന്ന് വെച്ചാൽ എന്താണ് ദർശപൂർണമാസം യാഗംപൂർണ മാസം നിരന്തരം പൂർവീമാസം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിരന്തരം ചർച്ച ചെയ്യുന്ന ഒന്നാണ് ദർശപൂർണ്ണമാസം നമ്മൾ ബ്രഹ്മസൂത്രത്തിലൊക്കെ ഫലമായി വന്നിട്ടും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കർമ്മങ്ങൾ ആ ഒരു എൻ്റെ ഒരു മറ്റൊരു ഫലമാണ് ആയുസ് എന്നു ഇപ്പൊ സ്വർഗ്ഗം മാത്രമാണ് ചെയ്യുന്നവനിവിടെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആയുസ് പിന്നെ ആരോഗ്യം ഇതെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ബ്രഹ്മജ്ഞാനികളും അസുഖമൊന്നാം വരുന്നു കഴിക്കും എന്തുകൊണ്ടാണ് ആരോഗ്യമേ എല്ലാവർക്കും അതുകൊണ്ട് അതുപോലെ തന്നെ ആയുസ് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അതാണ് അത് നഷ്ടപ്പെടുന്ന മനസ്സിന് വ്യവലാതിൽ നഷ്ടപ്പെടുമെന്ന് തോന്നി അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും അതുകൊണ്ട് പണ്ടും മനുഷ്യർക്കിടക്കെ തന്നെ ആ ആയുധാരോഗ്യ സൗക്ഷ്മി തന്നെയാണ് പഴയകാലത്ത് മനുഷ്യ അതുകൊണ്ട് പറയുന്നു സ്വർഗമാണ് ഫലമെങ്കിലും അവിടെ വേറെ ഫലങ്ങളെന്ന് പറയുന്നത് ഇത്യാദി അപകട അവാന്തരഫലങ്ങൾ മുഖ്യഫലവും അവാന്തരഫലം മുഖ്യഫലം സ്വർഗം അവാന്തരഫലം ആയുസ് പശുപുത്രം ഇതെല്ലാം ഈ കർമ്മങ്ങൾക്കെല്ലാം ബഹുശാഖാകം ചെയ്യും ബഹുശാഖകളെന്ന് വെച്ചാൽ അനേക ഫലങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ടതിന് പല ശാഖകളുണ്ട് അഥഹസനായ നാം ബുദ്ധിയോ അനന്താ ഭൂഷാത്ത അതുകൊണ്ട് ഈ കർമ്മങ്ങളിൽ മൊഴികിയിരിക്കുന്നവർ അനിശ്ചയമായ ബുദ്ധിയുള്ളവർ അനന്തശാത്ത ഇത് ഗീതയുടെ വിഭാഗത്തിൽ വരുമ്പോൾ പൊതുവെ എല്ലാവരും പറയുന്ന എന്താണ് ഗീതയിലൂടെ വൈദികമായ കർമ്മങ്ങളെയൊക്കെ നികുതി പറയുന്നു മോശമാക്കി പറയേണ്ടത് അങ്ങനെയൊന്നും വൈദികമായ കർമ്മങ്ങളൊന്നും ഓരോരുത്തും ഗീതയിൽ അങ്ങനെ നികഴ്ത്തിയോ മോശമായിട്ടോ എന്ന് പറയുന്നത് അതിനെ വളരെ ക്ഷേമമായിട്ട് തന്നെ പറയും പിന്നെ അതിനെ കുറിച്ച് ഇത്രയും പറയുകയും അതിൻ്റെ അധികാരികൾ വേറെയാണ് ഫലം വേറെയാണ് അതിന്റെ സവിശേഷത എൻ്റെ അതിൻ്റെ വേദം പറഞ്ഞിരിക്കുകയാണ് അത് വൈദികന്മാർക്കൊരിക്കുന്നു അത് അതിനെ ഇഴുഴത്താനൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് അടുത്ത അധ്യായം മൂന്നാം അധ്യായം തുടങ്ങുമ്പം തന്നെ പറയുന്നത് എന്താണ് സഹേ പ്രജാസി പ്രജാപതി അനേന പ്രസവിഷുദ്ധം ഏശവോത്തിഷ്ഠതാമതം സക്ഷി തുടങ്ങുമ്പം തന്നെ ചെയ്തത് ശ്രീമന്ദാരായൺ കർമ്മങ്ങളെ സൃഷ്ടിച്ച് മനുഷ്യരെ സൃഷ്ടിച്ചാളിനും ഏത് കർമ്മം ഈ വൈദികർമ്മം എന്നിട്ട് അവരോട് പറഞ്ഞ് നിങ്ങളീ കർമ്മങ്ങളെല്ലാം ചെയ്ത് നിങ്ങളീ കർമ്മങ്ങളെന്തെങ്കിലും ദേവന്മാരെ സന്തോഷിപ്പിക്കണം സന്തോഷിച്ചാൽ ദൈവന്മാർ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും അങ്ങനെ പരസ്പര സഹകരണം കോപ്പറേഷൻ അതിലൂടെ നിങ്ങൾ വളരണം ദൈവം പ്രവർത്തികൻ ചക്രം നാണാർ തേരികൾ എന്താണ് ബാക്കി അഹായോ എന്നാണ് എന്താ ഈ ചക്രം എന്താണ് നിങ്ങൾ ഈ കർമ്മങ്ങൾ എന്തായാലും ചെയ്ത് ദേവന്മാരെ സന്തോഷിപ്പിക്കുക സന്തോഷം അത് ദേവന്മാരെന്തെയും അതിന്റെ ഫലം തന്ന് <questionables> in in Ahhh... െ സന്തോഷിപ്പിക്കും ഇതിനെ ആരെങ്കിലും ഉല്ലംഘിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നിന്ന് പറയുന്നത് വലിയ അപകടമാണ് അപകടത്തിലവർമത്തെ നിഷേധിക്കണം ഒരു കല ചെയ്തേക്കും ജ്ഞാൻ ഭൗതി പർജന്യം പർജന്യ നല്ല സംഭവം യജ്ഞം ചെയ്താൽ എന്തുണ്ടാവും ആകാശത്ത് മഴമേഘങ്ങളുണ്ടാവും മഴമേഘങ്ങളുണ്ടായുണ്ടാവും ഭൂമിന് അന്നമുണ്ടാവും അന്നാഭൂ ഭൂതാൻ അന്നമുണ്ടായത് എന്തുണ്ടാവും ഇവിടെ നമ്മളെല്ലാം ഉണ്ടാകാത്തത് ധീരീ പറയുന്ന കാര്യം വളരെ വ്യക്തമാണ് ഇതൊക്കെ ഇന്നത്തെ എന്താണ് ശുദ്രവ്യാതാക്കൾക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യത്തിൽ നിന്നും ഗീതയിൽ മഴ ഉണ്ടാകുന്നുണ്ട് ഗീത പണിഞ്ചനായി പോകത്തില്ല അതുകൊണ്ട് യജ്ഞം എന്ന് പറഞ്ഞാൽ കോണ്ടം ഫ്ലക്റ്റുവേഷൻ എന്നൊക്കെ വ്യഖ്യാനിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് യജ്ഞമല്ല കോണ്ടം എന്താണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടല്ലാം ശ്രദ്ധ സമൂഹം അങ്ങനെ ശരിയായ അർത്ഥത്തെ വിട്ടിട്ടില്ല സ്ത്രീകളൊന്നും വ്യാഖ്യാനിക്കില്ല കേട്ടോ ഇതിനൊന്നും അധികാരമില്ല എന്ന് കണ്ടു പറഞ്ഞവര് ഇന്ന് ഇതിനകത്ത് കയറിപ്പറ്റാൻ വേണ്ടി കാണിക്കുന്നു ചക്രശ്വാസം വരികളാണ് എല്ലാത്തരം വ്യാഖ്യാനങ്ങളൊന്നും ഒരാൾക്കുണ്ട് ഗീതയും പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞാണ് ചെയ്തു കഴിഞ്ഞാണ് മഴ ഉണ്ടാകുന്നതിന് കാരണം എന്താണ് പ്രാചീനമായ വിശ്വാസം അപ്പൊ കർമ്മങ്ങളേന്നും ഒരിക്കലും ഇവിടെ തള്ളിക്കളയുന്നില്ല കർമ്മങ്ങളെയൊക്കെ അംഗീകരിക്കുകയാണ് ഗീതയിൽ പിന്നെ ഇവിടെ പറയുന്നത് എന്താണ് മോക്ഷത്തിന് വേണ്ടി വേറെ കാര്യമില്ല അതിന് ഇവിടെ ഈ സന്ദർഭത്തിൽ പറയുന്ന ആത്മാവിന്റെ ജ്ഞാനം പോലെ ആത്മാവിന്റെ യഥാർത്ഥമായ അതാണ് പറയുന്നത് അതാണ് ഇവിടെ പറഞ്ഞ ഉപസംഹരിക്കുന്നത് ഏതോ യുക്തംഭവതി നിത്യേഷു നൈനിത്യേഷു കർമ്മസു പ്രധാന ഫലാനും മതാന്തര ഫലാനി ചെയ്യാനി സ്വീയമാണ് സർവാണി വ്യക്തിത്യ മോക്ഷിക ഫലതയ സർവാണി കർമാണി ഏകശാസ്ത്ര ഒരു കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പറയുന്നു സങ്കരണെന്ന് പറയുന്നത് സർവകർമ്മ സന്യാസം രാമാനുജായ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ പറയുന്നത് എന്താണ് വിധയുടെ ശരിയായ അർത്ഥം ഇത് മനസ്സിലാക്കുക നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇതേ പറയുന്നു സംഘത്തെ തത്വ ഫലാനിച്ച് സംഘത്തെ ഉപേക്ഷിച്ച് കർമ്മം ചെയ്യണമെന്താണ് ഫലത്തെ ഉപേക്ഷിക്കണം ഇവിടെയാണ് ഇന്ന് വ്യാഖ്യാനികം എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും ബലത്തെ എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും സംഘം ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും കാരണം നിരന്തരം പറയും ഇതേ സംഘത്തെ ഉപേക്ഷിക്കാം സത്വക്ഷാചരൻ കർമ്മപരം ആപുനോദി പുരുഷ എത്രയോ സത്വം അസക്തനായി കർമ്മ ഏതൊരു ഏറ്റവും മനോഹരമായ ആശ്വാസം നിസ്സംഗനായി കർമ്മം ചെയ്യുന്നു പക്ഷേ ഫലമുപേക്ഷിക്കാമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സംഗന്ധത്വ സമ്പത്തെയും ദേശിക്കണം ഫലത്തെയും എവിടെയാണ് ആധുനിക രേഖാതാക്കൾ കടന്നു പറയുന്നു ആധുനിക താങ്കൾ എന്താ പറയുന്നു എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ ഒരു ഒരാളോട് ഒരു ഗീതാപ്രഭാഷണം അവരുടെ പ്രസിദ്ധനാണ് ഒരുപാട് ആരാധകരാണ് വിദ്യാഭ്യാസ രോഗരുള്ള ആളാണ് ഇപ്പോഴും നടക്കുന്ന ആളാണ് അതുകൊണ്ട് ഇയാൾ വലിയ ഒരു ഗുണമുണ്ട് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവര് മുമ്പേ വന്നിരിക്കും ഗീതയെക്കുറിച്ച് അവനും പിന്നെ വിവരമൊന്നും വേണ്ട ഐ ടിയിൽ നിന്ന് ഇറങ്ങിയ ആളാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഐ ഐ ടിന്ന് വന്നെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ധാരണയുണ്ട് അവന് വലിയ ബുദ്ധിമാനാണ് വിവരമുള്ളവരാണ് ഗീതയെ കുറിച്ച് എല്ലാം അറിയും അതുകൊണ്ട് അവൻ ഗീത പറയുന്നിടത്ത് പോയിരിക്കൾക്കാർ അങ്ങനെ പക്ഷെ ഐ ഐ ടി പഠിച്ചെന്ന് പറഞ്ഞ് ഗീത മനസ്സിലാകത്തു അത് അവിടെ പഠിച്ച വിഷയമെങ്കിൽ അയാളുടെ എക്സ്പേർട്ടായി അപ്പോ അയാളുടെ അടുത്ത് വേറെ ഒരു ഐ ഐ ടി കാരൻ ചോദിക്കുന്നു ഗീതീ പറഞ്ഞിട്ടുണ്ടല്ലോ ഫലം ഉപേക്ഷിക്കണമെന്ന് ഗുരു മഹാരാജ് എങ്ങനെ ഫലം ഉപേക്ഷിക്കാൻ തെറ്റും ആർക്കെങ്ങനെ സാധിക്കുന്നു ഇയാളുടെ രക്ഷാട്ടം ആചാര്യ ഗീത എവിടെ പറഞ്ഞിരിക്കുന്നു ഫലം ഉപേക്ഷിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് ഗീതിയിലില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇരിക്കുന്ന മുഴുവൻ പേരെയും എന്നൊക്കെ പറഞ്ഞ് ഒരു ബഹളവും വെച്ച് ചോദ്യം ചോദിച്ചയാളുടെ ഡിം കാരണം അയാൾക്കോർമ്മ ഇനി എവിടെയാ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് കാരണം അയാളെ ഏറ്റവും പഠിച്ചാലും സംസവം പഠിച്ചിട്ടില്ല രീതിയിലുള്ള വരികളൊന്നും അറിയത്തില്ല ഇപ്പൊ സംഘം തെക്കുക ഫലാനിച്ച രീതി പറഞ്ഞിട്ടുള്ളത് അയാൾക്ക് അറിയില്ല പിന്നെ എന്നെ പോലെയുള്ള ചൂദ വ്യാഖ്യാതാക്കളാണെങ്കിൽ തിരിച്ചും മറിച്ചുമൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് വായടപ്പിക്കും അയാൾക്ക് അത്ര സാമർത്ഥ്യമുണ്ട് അതുകൊണ്ട് അയാളുടെ ഒരൊറ്റ ചാട്ടർ നീന്തേതങ്ങനെ പറഞ്ഞിട്ടേ അയാൾക്ക് സമാധാനമായി ഗുരുചി എന്ന് പറഞ്ഞാൽ അവിടെയിരുന്നു അവിടെയാണ് കൂടെ രാമാനുചാചാര്യർ പറയുന്നു മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ പറയുന്നത് ഫലം ഉപേക്ഷിക്കാമെന്ന് ഫലം ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞിട്ടുള്ള ഒന്ന് രീതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഫലം ഉപേക്ഷിക്കാൻ പറ്റൂ പറ്റത്തില്ല നമുക്ക് വരുമ്പോൾ ബലം ഉപേക്ഷിക്കാം നമ്മളുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ പക്ഷേ രാമാനുചാരി പറയുന്നു ബലം ഉപേക്ഷിക്കാം പിന്നെ സംഗ്രാചര് പറയുമ്പോൾ എന്താണ് മൊത്തം മൊത്തം ഉപേക്ഷിക്കാൻ പറ്റില്ല ആൾക്കാർ ഫലത്തെക്കുറിച്ച് അറിയിക്കുന്നില്ല എന്തായാലും എല്ലാം ഉപേക്ഷിക്കാൻ ഇന്നെന്തോന്നും ഫലം ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്ക എന്താണ് ഒന്നിവിടെ പറയുന്ന എന്താണോ ഏതെടുത്തോ ഇവർ പറയുന്ന ആശയങ്ങൾ നിന്നെത്തിയേഷും നൈമിത്യേഷു കർമ്മ നിത്യകർമ്മങ്ങളും നൈമിത്യകർമ്മങ്ങൾ അപ്പൊ ഈ പറയുന്നതെന്ന് തന്നെ മനസ്സിലാക്കാം കുറിച്ചാണ് പറയുന്നത് വൈദിക കർമ്മങ്ങളെ കുറിച്ചാണ് ഗണപോതി ഹോമം നടത്താൻ വേണ്ടിട്ട് സീതെഴുതി കൊടുത്തിട്ട് അവനോട് ഫലം ഉപേക്ഷിക്കാൻ പറയാൻ പറ്റില്ല ഈ പൂജയും നടത്തണം വലം ഉപേക്ഷിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം അവൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പരീക്ഷയ്ക്ക് പാസ്സാവാൻ വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ നേരം പറയുന്ന പൂജ നടക്കുന്നു അവനോട് പറയാൻ പറ്റില്ല വലത്തെ ഉപേക്ഷിച്ച് അതൊന്നുമല്ല ഇവിടെ പറയുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നു വാഴ നടുന്നു അവനോട് പറയുകയാണ് എന്താണ് വലത്തെ ഉപേക്ഷിച്ചിരിക്കുക എന്താണ് കൊലയെ ഉപേക്ഷിച്ച് കൊലച്ച് വരുമ്പോ കൊടേ ഉപേക്ഷിച്ച് എന്നിട്ട് കൊടെ മുറിക്കാൻ പോകരുത് എന്നല്ല പറയുന്നത് വല ഉപേക്ഷിക്കാം പക്ഷെ വല ഉപേക്ഷിക്കാന്ന് പറഞ്ഞ വാസ്തവമാണ് പിന്നെന്താണ് നിത്യേഷു നിത്യകർമ്മങ്ങൾ വേദത്തിൽ പറയുന്ന നൈവിത്യകർമ്മങ്ങൾ അതിൽ വരുന്ന പ്രധാന ഫലാനി അമാഗ്ര ഫലാനി ചെയ്യാൻ ഈ ശ്രീമാണ് ഇതിനെല്ലാം അവിടെ വേദത്തിൽ തന്നെ എന്താണ് മുഖ്യമായ ഫലങ്ങളും അത്രയും പ്രധാനമല്ലാത്ത ഫലങ്ങൾ വളരെ നേരെ കുറഞ്ഞല്ലോ മുഖ്യമായ ഫലമാണ് സ്വർഗം അവാന്തര ഫലമാണ് ആയുസ് ഇത്തരം ഫലങ്ങൾ അവിടെ പറയുന്നുണ്ട് വേദത്ത് താനിസർവാണ് പരിധി ആ ഫലങ്ങളെല്ലാം ഉപേക്ഷിച്ചു പറയുന്നത് അതിനേനുപേക്ഷിക്കാൻ പറയുന്നത് എന്തിനാ അതിനുപേക്ഷിക്കുന്നു അതിന് അവിടെയല്ല പോകേണ്ടത് വൈകുണ്ഠത്തിലാണ് പോകേണ്ടത് അതുകൊണ്ട് അതിനുപേക്ഷിക്കാൻ പറ്റുന്നു നിങ്ങളുടെ അടുത്തും കൂടെ പോകാൻ പറ്റില്ലല്ലോ രണ്ടു കൊള്ളത്തിൽ കാര്യം കിട്ടാൻ പറ്റും സ്വർഗത്തിനും പോലെ പോകണം വൈകുണ്ഠത്തിനും പോകണം അത് കിടക്കില്ല അതുകൊണ്ട് അത് വീഴ്ച പറ്റും വീഴ്ചയ്ക്കറ്റിയ കാര്യമാണ് ഉപേക്ഷിക്കാൻ പറയും അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവര് അതിന് വിശ്വാസമുള്ളവര് അവരോട് പറയുന്നു മോക്ഷിക ഫലതയാണ് അതിനൊരു ഫലം മോക്ഷമാകുന്ന ഒരു ഫലം ഗീത പ്രഭാഷിക്കുന്നവരുണ്ടല്ലോ ഇവിടെ ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ചു വെച്ചു എന്താണ് ഈ ഫലത്യാഗമെന്ന് പറയുന്നതിന് അതിൽ സർക്കസ് നടത്തി ആൾക്കാരെ ആശയക്കുഴപ്പത്തിലാക്കി നേരിട്ടുള്ള അർത്ഥം പറയുന്നു രാമാനുജാചാര്യ പറയുന്നു സർവാണി അപ്പോ മോക്ഷേകതയാണ് മോക്ഷമാകുന്ന ഒരേ ഒരു ഫലത്തിന് വേണ്ടിയിട്ടാണ് അത് സർവകർമ്മങ്ങളും ഏകശാസ്ത്രാർത്ഥം നേരത്തെ പറഞ്ഞെന്താണ് വേദം എന്ന് പറയുന്ന ഒരേ ഒരു ശാസ്ത്രത്തിന്റെ ഫലമാണ് അനുഷ്ഠയങ്ങൾ അനുഷ്ഠിക്കണ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു അവിടെയാണ് സംഗന്ധത്വ ബലായിച്ച കാമ്യായിച്ച സ്വർണ്ണ ആശ്രമം കാമ്യകർമ്മങ്ങളും ചെയ്യുന്നു അതാര് ചെയ്യണം അവനവന്റെ ജാതി അവനവന്റെ ആശ്രമത്തിന് യോജിച്ചവർമ്മങ്ങൾ ചെയ്യണം ബ്രാഹ്മണൻ അവന് വിരിച്ചിട്ടുള്ള ചെയ്യണം ക്ഷത്രി അവനവന് വിധിച്ചിട്ടുള്ള ചെയ്യണം വൈശൻ അവന് വിരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം ചൂത്രം ഇതൊന്നും ചെയ്യാൻ പോകൽ ആദ്യം പറഞ്ഞോളൂ പെണ്ണുങ്ങളും ഇതൊന്നും ചെയ്യാൻ പോകൽ ആണുങ്ങളുടെ കാര്യം പറയുന്നത് പെണ്ണുങ്ങളിൽ വളരുത് അതും പറഞ്ഞോളൂ സ്വർണ്ണാശ്രമോചിതായും അത് രാധിക്കും ആശ്രമത്തിലും യോജിച്ച് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്നാണ് പറയുന്ന കാമ്യകർമ്മങ്ങൾ ചെയ്തിട്ട് തത് ഫലായും വിജയ ആ ഫലങ്ങളെല്ലാം വിഷയം ഫലങ്ങളൊന്ന് മോക്ഷത്തിന്റെ ഉപായം നിത്യനൈമിത്യകേകൾ നിത്യനൈമിത്യങ്ങളോട് കൂടി ചേർത്ത് എന്തിനോ കൂടി ചേർക്കണം കാമ്യ കർമ്മങ്ങളെ കൂടി ചേർത്ത് യഥാ ബലം അനുഷ്ഠയാണെങ്കിൽ നിങ്ങൾ മോക്ഷത്തിന് വേണ്ടിയാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവനവന്റെ ബലമനുസരിച്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ വ്യാഖ്യാനത്തിൽ എന്തെങ്കിലും ചെറിയ പോരായ്മ വന്നാലും ശ്രീമം നാരായണോ അതൊക്കെ സഹിച്ചോ പക്ഷെ നിങ്ങൾ എന്തിനു വേണ്ടി കർമ്മം ചെയ്യണം മോക്ഷത്തിന് തോത്തോ കർമ്മഫലം കഴിക്കുന്നു പറഞ്ഞിവിടെ ശരിയായാലും ഇതിങ്ങനെ ശരിയാകത്തും അല്ലാതെ ഈ സൂദ്ര വ്യാഖ്യാനങ്ങളൊന്നും ഒരിക്കലും ശരിയാകട്ടെ രാമാനുജാചാര്യ വ്യാഖ്യാനിക്കുന്ന അനുസരിച്ച് ഇത് ശരിയാകട്ടെ എന്താണ് ചുരുക്കി പറഞ്ഞ നിത്യം നൈമിത്യകം കാമ്യം ആയ കർമ്മങ്ങളെല്ലാം ചെയ്യുക അവനവന്റെ ജാതിയും അവനവന്റെ ആശ്രമവും അനുസരിച്ച് ചെയ്യുക അവനവന്റെ ശക്തിക്കനുസരിച്ച് ചെയ്യുക അത് അതാത് കർമ്മങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ആ ഫലങ്ങളെ ആഗ്രഹിക്കാതിരിക്കുക മനസ്സുകൊണ്ട് അതിനുപേക്ഷിക്കുക എന്നത് മോക്ഷത്തിൽ വേണ്ടി ചെയ്യും അതാണ് സംഘം തക്വാ ഫലാനുജന്ന് ഇപ്പൊ എപ്പോഴും കിട്ടിയത് Thank you.